ഇതിനു മുമ്പ് നാം നിനക്ക് വിവരിച്ചു തന്ന ചില ദൂതന്മാരും നാം വിവരിച്ചു തരാത്ത ചില ദൂതന്മാരുമുണ്ട് മൂസ അലിഹിസലാമിനോട് അള്ളാഹു സുബാനഹു വാല നേരിട്ട് സംസാരിച്ചു